വെങ്കടേശ്വര ശർമ്മ വെങ്കടേശ്വര ശാസ്ത്രികൾ നിങ്ങളൊക്കെ അദ്ദേഹത്തിന് ശാസ്ത്രികളുമാവാ എന്ന് വിളിക്കും അദ്ദേഹം കൊച്ചിയിലെ മഹാരാജാവിന്റെ സദസ്സിലുള്ള ഒരാളുടെ അടുത്ത് ജ്യോതിഷം പഠിച്ച ഒരു വിദ്വാനാണ് ജ്യോതിഷം പഠിച്ച് നല്ല തപസ്വി ഉപാസന ഉണ്ടായു ചെട്ടിനാട് സിമെന്റ്സ് എന്ന് കാണുന്നുണ്ടല്ലോ ആ ചെട്ടിനാട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലം പക്ഷെ അദ്ദേഹം കൊച്ചിയിൽ വളരെ കാലം ഉണ്ടായിരുന്നു എവിടെ താമസിച്ചെന്നറിയില്ല ഇവിടുന്ന് ജ്യോതിഷം പഠിച്ചു ജ്യോതിഷത്തില് പ്രശ്നം പ്രശ്നം വെക്കുക പ്രശ്നശാസ്ത്രം ഇതൊക്കെ തന്നെ ഇന്റ്യൂഷനാണ് അതിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം അതായത് ഈ ശാസ്ത്രങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തമാശ ചിലര് പറഞ്ഞാൽ ഫലിക്കും ചിലർ പറഞ്ഞാൽ ഫലിക്കില്ല നമ്മളെന്ത് വിചാരിക്കും ജ്യോതിഷം കാരണമാണോ പ്രശ്നം കാരണവും പ്രശ്നവും ജ്യോതിഷവും ഒന്നുമല്ല അന്തര്യാമയുടെ ശക്തിയാണ് ഈ ജ്യോതിഷമൊന്നും ഇല്ലെങ്കിലും യോഗികൾ അതൊക്കെ പറഞ്ഞാൽ ഫലിക്കും നമ്മളുടെ സത്യത്തിനെടുത്ത് ആ വസ്തുവിൽ വെച്ചിട്ട് അതിന് സത്യം കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ തപസ്സിന്റെ പവർ അതിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ അത് പറഞ്ഞതുകൊണ്ട് ഫലിച്ചു നമ്മൾ ആ പറയുന്ന ആള് തന്നെ തെറ്റിദ്ധരിക്കും ശാസ്ത്രികൾ അദ്ദേഹം വലിയ പ്രശ്ന നിരീക്ഷകനായിരുന്നു ഇവിടുന്ന് പിന്നെ കൊച്ചിയിൽ നിന്ന് വിട്ടുപോയി ചെട്ടിനാട്ടിൽ പോയി താമസിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ വിശാലാക്ഷി പേര് ശാലാമാമിന്ന് ഭർത്താവിനെ ഈശ്വരനെ പോലെ കരുതിയിരുന്നു അത്ര ഭക്തിയാണ് ആ അമ്മക്ക് അവര് ചെട്ടിനാടിലിരിക്കുമ്പോ ഒരു എക്സാമ്പിൾ പറയാം അദ്ദേഹത്തിന്റെ ശക്തിക്ക് ഒരു ദിവസം അദ്ദേഹം തന്റെ ഉപാസന മുറിയിൽ ഇരിക്കുകയാണ് ഭാര്യ വന്നിട്ട് പറഞ്ഞു വാഷല്ല ആരോ വന്നിരിക്കുന്ന സാലാ മാമി വന്ന് ചൊല് അമൃത ആരോ വന്നിണ്ട് ൂജിലേം നാഗപ്പുച്ചെട്ടിയുടെരം എല്ലാം പോ അടിക്കാർ അടിക്ക വേണ്ട എങ്കുമേ പോകലെ വാഴ തോട്ടത്തിലെ തുണി തോക്കില രണ്ട് വാഴ വിലകി നിക്കുന്നത് അത് വാഴയ്ക്ക് കീഴ കടക്ക് എടുത്തു വേലക്കാരുടെ അടിക്കുക കൂടാതെ ഇദ്ദേഹം എഴുന്നേറ്റതേ ഇല്ല പൂജാ റൂമെന്ന് അവിടുന്ന് പറഞ്ഞു രത്നമോതിരം കാണാനില്ല ജോലിക്കാരെ അടിക്കുന്നു ഇന്ന് ആരോപിച്ചിട്ട് ആ മോതിരം എവിടെയും പോയിട്ടില്ല വാഴത്തോട്ടത്തിൽ ഒരിടത്ത് കിടപ്പുണ്ട് എടുത്തോളാൻ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ കൊടുത്തത്ര ശാസ്ത്രീക്യം ഈ വലിയ പണക്കാരാണ് അദ്ദേഹം ശാസ്ത്രീയ ഉമാതെ പിന്നീട് പറയും അന്ന് രണ്ടു രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം കഴിക്കാം അപ്പോഴാണ് ഒരാള് അഞ്ഞൂറ് രൂപ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെ എത്രയോ കേസുകൾ അദ്ദേഹത്തിന്റെ വളരെ പെർഫെക്റ്റ് ആണ് പല പ്രഡിക്ഷൻസും അദ്ദേഹം അതൊക്കെ നിർത്തിയെങ്കിലും എന്നിട്ടും പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹം പിൽക്കാലത്ത് രമണാശ്രമത്തിൽ ഇരിക്കുമ്പോ ഒരു വെസ്റ്റേൺ ലേഡി ഒരു സ്ത്രീ വന്നു അമേരിക്ക വരുമ്പോ അവർക്ക് ഏതോ എയർപോർട്ടിൽ എവിടെയോ വെച്ച് ഈ പെട്ടി സൂട്ട് കേസൊക്കെ പ്ലെയിനില് എയർക്രാഫ്റ്റില് ഇട്ടിട്ട് നമ്മള് ചെറിയ ബാഗ് എടുത്തുകൊണ്ടല്ലേ വരിക അങ്ങനെ വന്ന് എവിടെയോ കുവൈറ്റിൽ ഇറങ്ങി ഇന്ത്യയിലേക്ക് വരുമ്പോ കുവൈറ്റ് എയർപോർട്ടിൽ വെച്ച് ഇവരുടെ പെട്ടി മിസ്സായി വന്നതേ ഇല്ല ഇന്ത്യയിലേക്ക് വന്നതേയില്ല അന്വേഷിക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൊറേ ആയിട്ട് അവർക്ക് കിട്ടിയില്ല അവര് ബോംബെ രമണാശ്രമത്ത് വന്ന് കരഞ്ഞു എന്റെ എല്ലാ പെട്ടിയിലാണോ ഒക്കെ പോയി ഇദ്ദേഹം ആശ്രമത്തിലുള്ള ഒരാൾ ശാസ്ത്രീയ മാമാവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അമ്മാവ പറഞ്ഞു അവ പെട്ടി എങ്കിയുമേ പോലെ അത് എങ്കോ അവ എങ്ക വെച്ചാളോ അവ വെച്ചിരിക്കുന്ന ഒരിടത്തിലേ ഇരുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു മാസത്തിനോളം പെട്ടി കിട്ടിയില്ല പിന്നെയും എയർപോർട്ടിൽ നിന്ന് ലെറ്റർ വന്നു പെട്ടിയൊന്നും കാണാനില്ല തെരഞ്ഞിട്ട് കിട്ടിയില്ല ഈ സ്ത്രീ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ ആശ്രമത്തിലുള്ളവരൊക്കെ ചീത്ത പറഞ്ഞു ഏതോ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം വെറുതെ വാചകം അടിക്കാണ് പെട്ടി പോയിട്ടില്ല വരും ഉറപ്പ് മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചപ്പോഴും പറഞ്ഞു പെട്ടി അവിടെ ഉണ്ട് കിട്ടും അതൊന്നും ഞങ്ങൾ എനിക്ക് വിശ്വാസമില്ല നിങ്ങളൊക്കെ ഈ വളരെ റാഷണൽ ആയിട്ടുള്ള ആളുകള് ഇങ്ങനെയുള്ള വാചകം അടിക്കണവരെയൊക്കെ വിശ്വസിക്കുകയാണെന്നൊക്കെ ചീത്ത പറഞ്ഞവരും ചീത്ത പറഞ്ഞാൽ അവർക്ക് പെട്ടി കിട്ടിയില്ല അവര് തിരിച്ചുപോയി തിരിച്ചു പോകുന്ന വഴിയിൽ വീണ്ടും കുവൈറ്റിൽ ഇറങ്ങിയപ്പോ എയർപോർട്ടിൽ ഇങ്ങനെ വെറുതെ ചുറ്റി ഈ പെട്ടി വെ പെട്ടികളൊക്കെ വെക്കുന്ന ഒരു സ്ഥലത്ത് വാതിലിന്റെ അടുത്ത് ഇവരുടെ ബാഗേജ് അതില് മാർക്ക് ചെയ്തിട്ടില്ല പേപ്പർ വെച്ചത് വെച്ചാലേ ഇത് ഇന്ന നമ്പറാണെന്ന് ആ നമ്പർ ഇടാൻ അവർ വിട്ടുപോയിരിക്കുന്നു ആ ബാഗേജ് അവിടെ തന്നെ ഉണ്ട് ഇദ്ദേഹം പലവട്ടം പറഞ്ഞു ഞാൻ പാത്തിണ്ടേറിക്കാൻ ആശ്രമത്തിലിരുന്ന് ശാസ്ത്രീകരമാ പറഞ്ഞതാണ് ഞാൻ ആ പെട്ടി നോക്കിക്കൊണ്ടേയിരിക്കണു അത് അവിടെ തന്നെ ഉണ്ട് ഞാൻ കാണുന്നു എന്നാണ് അവരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും ഞാൻ കാണുന്നുവല്ലോ അത്രയധികം അദ്ദേഹത്തിന് ഈക്കൾട്ട് പവർ ഈ സിദ്ധി ഉണ്ടായിരുന്നു പ്രശ്നത്തിലൊക്കെ ധാരാളം പണം അതിൽ കിട്ടുമായിരുന്നു അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം ചെട്ടിനാടിലിരിക്കുമ്പോ നമ്മുടെ മഹർഷിയെ കേൾക്കണത് മഹർഷിയുടെ ഒരു ഫോട്ടോ കണ്ടു പിന്നീട് അദ്ദേഹത്തിന് അറിഞ്ഞു ഒരു ഡിസ്റ്റൻറ് റിലേഷനും ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്നു ആശ്രമത്തിൽ വന്ന് താമസിച്ചു കുറെ ദിവസം നല്ല പണ്ഡിതൻ മഹാപണ്ഡിതനാണ് മഹർഷിയുടെ ആ മഹിമ കണ്ട് ഒരു ദിവസം മലയിൽ ഇങ്ങനെ നടക്കാൻ പോകുമ്പോ മഹർഷിയോട് ചോദിച്ചു ഞാൻ ജ്യോതിഷിയാണ് എന്റെ അഭിപ്രായത്തിൽ ജ്യോതിഷശാസ്ത്രം വളരെ പെർഫെക്റ്റ് ആണ് പ്രശ്നത്തില് ഓൾമോസ്റ്റ് ടു ദ പെർഫെക്ഷൻ പ്രഡിക്ഷൻ നടത്താനുള്ള ശക്തി എനിക്കുണ്ട് ആ ജ്യോതിഷശാസ്ത്രം പെർഫെക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം മഹർഷി ദ്ദേഹത്തിനോട് പറഞ്ഞു ശാസ്ത്രം അറിയുന്നത് കൊണ്ട് ഒരു മന്ത്രം പറഞ്ഞു ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ ബ്രഹ്മവിദ്യ എല്ലാ വിദ്യകളെയും തന്റെ ഉള്ളിൽ അടക്കുന്നു എന്നുവച്ചാൽ സ്വയം അകമേക്കുള്ള ബോധത്തിന്റെ ശക്തിയെ എടുത്തു പ്രശ്നത്തിൽ വെച്ചാൽ പ്രശ്നം സത്യമാവും ബോധത്തിന്റെ ശക്തിയെ ജ്യോതിഷത്തിൽ വെച്ചാൽ ജ്യോതിഷം സത്യമാവും ബോധത്തിന്റെ ശക്തിയെ ഒരു കല്ലിൽ വെച്ചാൽ കല്ലു വർത്തമാനം പറയും എടുത്ത് മരത്തിൽ വെച്ചാൽ മരം വർത്തമാനം പറയും ഏത് വസ്തുവിനോടും ഇവിടുത്തെ സത്യത്തിനെ എടുത്ത് വെച്ചിട്ട് വേണം അതിനെ സത്യമാക്കാൻ നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോ ഈ ഇവിടുത്തെ പ്രാണനെ വേണം പ്രതിഷ്ഠിക്കാൻ അപ്പൊ എല്ലാ സത്യത്തിന്റെയും മൂലസത്യവുമായ അന്തര്യാമിയെ ആത്മാവിനെ അറിയുന്നത് എല്ലാ വിദ്യകളുടെയും പൂർണ്ണരൂപമാണ് ഇത് മഹർഷി പറഞ്ഞതും ഇത്രയും വലിയ വിദ്വാൻ തോടുകൂടെ ആ പ്രൊഫഷൻ എടുത്തി പ്രശ്ന നിരീക്ഷണം ജ്യോതിഷവും ഒക്കെ നിർത്തി ഭാര്യയോട് പറഞ്ഞു ഇതൊക്കെ ഒരു ഐഡിയൽ ശാലാമാമയോട് പറഞ്ഞു ഞാൻ എന്റെ ഗുരുവിനെ കണ്ടിരിക്കുന്നു തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം ഈ ബൃഹദാരണിക ഉപനിഷത്തിൽ യാജ്ഞവലിക്കൻ പറഞ്ഞ പോലെ തന്റെ പേരിൽ എത്ര വേണമെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ഇട്ടുവയ്ക്കാം എനിക്ക് ഇനിമേലാൽ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ ഭഗവാനെ കണ്ടിരിക്കുന്നു ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ പോവാണ് എനിക്ക് അനുമതി തരണം ശാലാമാമി പറഞ്ഞു നിങ്ങൾ എവിടെ പോണോ അവിടേക്ക് ഞാനും വരുന്നു ഇത്രയധികം രൂപം ഉണ്ടാക്കാൻ കഴിവുള്ള അങ്ങ് അതൊക്കെ ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ തീർച്ചയായും അങ്ങ് പോകുന്ന സ്ഥലം ഇതിനേക്കാളുമൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങ് പോകുന്ന സ്ഥലത്തേക്ക് ഞാനും വരുന്നു കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഭിക്ഷയെടുത്തിട്ടാണെങ്കിലും അങ്ങയുടെ കൂടെ ഞാൻ വർഷിക്കാം എന്ന് പറഞ്ഞു അവർ വന്നു ലിറ്ററലി അവർ സുഖമായിട്ടൊന്നുമല്ലായിരുന്നത് ഒരു അമ്പലത്തിലെ മണ്ഡപം പൊളിഞ്ഞു മണ്ഡപത്തിൽ താമസിച്ചു ഇതൊക്കെ നാൽപ്പത് അമ്പത് വർഷം മുമ്പ് നടന്ന കഥയാണ് ഒരു പൊളിഞ്ഞു മണ്ഡപത്തിൽ താമസിച്ചു അഗ്രഹാരത്തിൽ പോയി ഭിക്ഷ ഗിരിപ്രദക്ഷിണം ചെയ്യാം കുറെ കാലം ഭാര്യയോടുകൂടെ ആ മണ്ഡപത്തിൽ താമസിച്ചു ആശ്രമത്തിലും വകയൊന്നുമില്ല ഇന്നത്തെ ആശ്രമം കണ്ട് അന്നത്തെ ആശ്രമം നമുക്ക് ഊഹിക്കാനേ പറ്റില്ല ഒന്നുമില്ല ആശ്രമത്തിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു ആ മനുഷ്യൻ ലാസ്റ്റ് ഡേയ്സിൽ ആശ്രമത്തിൽ തന്നെ താമസിക്കുകയായിരുന്നു ലാസ്റ്റ് ഡേയ്സിൽ ആശ്രമത്തിൽ താമസിക്കുമ്പോഴും കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല എനിക്ക് വഴികാട്ടിയായിരുന്നു ഒരു മഹാത്മ ഗണേശൻ പേര് അദ്ദേഹം ശാസ്ത്രികൾ മാമാവനെ കാണാൻ പോയാ ശാല ഗണേശ വന്നിരിക്കാം ഗണേശനിക്ക് തിന്ന കൊടുക്കണം മാമി ഉള്ളേന് ചിരിച്ചുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അവിടെ കൊടുക്കാൻ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല കൊടുക്കാൻ ഗണേശൻ വന്നിരിക്കണം എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം ഒന്നുമില്ല പക്ഷെ സന്തോഷം സന്തോഷമായിട്ട് ആശ്രമത്തിന്ന് രാവിലെ ഒരു ഇറ്റ്ലി കൊണ്ടുവരും നമുക്ക് ഇമാജിൻ ഭാവന ചെയ്യാൻ പറ്റില്ല ഒരേ ഒരു ഇഡ്ലി പകുതി തിന്നിട്ട് പകുതി വൈകുന്നേരം ദിനാനായിട്ട് വെച്ചോളൂ ഒരു ഇറ്റ്ലി ഇതൊക്കെ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ലക്ഷം ലക്ഷം ഉണ്ടാക്കാമായിരുന്നു അത്ര പാണ്ഡിത്യം അത്രയധികം ജ്യോതിഷത്തിലെ അവഗാഹം എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ അതാണ് ഈ ബ്രഹ്മവിദ്യ വളരെ ഡേഞ്ചറസ് ആണ് വളരെ ഡേഞ്ചറസ് ആണ് എന്താന്ന് വെച്ചാൽ കുബേരനെ കുചേലനാക്കികളെയും അതാണ് ഗോപശ്രീകൾ പറഞ്ഞ ഈ കൃഷ്ണന്റെ അടുത്ത് പോവാനേ പാടില്ല ബഹവൈഹ വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി എത്രയോ കിളികൾ കൂടുപൊട്ടിച്ച് ആകാശത്ത് പറക്കുന്ന പോലെ ഇവിടെ ഒരുപാട് പേര് ഭിക്ഷുക്കളായിട്ട് അറിഞ്ഞു നടക്കണമെന്നാണ് ലാസ്റ്റില് അദ്ദേഹം സുഖമില്ലാതെ ഇരിക്കുമ്പം സീരിയായിട്ട് കാലിലെ വാദവും വ്രണവും വന്നു വേദനിച്ചോണ്ടിരിക്കുമ്പോ ഗണേശനാ കാല്ണ്ട് മാമോ ഉല്പടി വന്നിട്ടേ മാമ അഴുതാറ് ഗണേശൻ ശാസ്ത്രീയ മാമ ഇക്കാരെ രഡി വിട്ട മുട്ടേ ഏണ്ടാ കാല പാകറേ മുക്കാല പാരുടാ കാലിന് ഇങ്ങനെ വന്നുവല്ലോ എന്തിനാ കാലിനെ നോക്കണു മുക്കാലിനെ നോക്കൂ എന്ന് ആ വാക്കൊന്ന് മാറ്റി അദ്ദേഹം പിന്നെയാണ് അതിന്റെ അർത്ഥം അദ്ദേഹം പറയണത് കാലെന്ന് വെച്ചാൽ ഈ കാലിനെ നോക്ക് എന്തിനു നോക്കണം മുക്കാലിനെ നോക്കുന്നു വെച്ചാൽ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെയൊക്കെ നോക്കൂ എന്ന് അർത്ഥമല്ല നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിന്റെ ഒരു കാൽഭാഗമേ ഉള്ളൂ ആ കാൽഭാഗത്തിനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ ആ മുക്കാലിനെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല മുക്കാലെന്താ സ്വരൂപം സെൽഫ് സ്വരൂപത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുക്കാലിനെ ശ്രദ്ധിച്ചാൽ ഈ കാലില്ലാതായിട്ട് തീരും അതിനെ അറിയുകയില്ല അതിൽ എന്ത് വേദന ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അറിയില്ല പക്ഷേ ഈ കാൽ ഭാഗത്തിലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ആ മുക്കാലിന് നമ്മൾ ശ്രദ്ധിക്കുകയില്ല ലാസ്റ്റിൽ ആ മരണ ഈ ഭക്തൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു ലിറ്ററലി ഈ ചോദ്യം ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് മരിക്കണ സമയത്ത് ഈ ജ്ഞാനസ്ഥിതിയിൽ ഇരിക്കുന്നത് ശാരീരികമായിട്ട് പുറമേക്ക് നോക്കിയാൽ അവർ വളരെ വിഷമിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അനേക കഷ്ടങ്ങൾ ആ സ്ഥിതിയില് നിങ്ങൾ എങ്ങനെ ഇരിക്കണു എന്ന് ചോദിച്ചപ്പോ നാ ആനന്ദമാർക്കേണ്ട ആനന്ദമായിട്ട് ഇരിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാ ശരീരം ഉപേക്ഷിച്ചു ആ ആനന്ദം എവിടുന്ന് ആ പൂർണ്ണത്വം എവിടുന്ന് പുറമേക്ക് നോക്കിയാൽ ദാരിദ്ര്യം നേരെ ചൊവ്വ ആഹാരം കഴിക്കാൻ പോലും ഇല്ല ശാരീരികമായ വിഷമം എന്നിട്ട് അകമയ്ക്ക് പൂർണം എപ്പോഴും ജോക്ക് അടിച്ചുകൊണ്ടേയിരിക്കും വളരെ ഹ്യൂമർ സെൻസ് ആണ് ഉള്ള ഏറി മാമാ വാങ്ങോ അപ് അവർ വന്നിട്ട് ഏ മാമ പോരാ തന്നെ വാ ഗോ ഗോ അതിലേ ഇരിക്കേ അവ ആനന്ദം വന്ന് എല്ലാം സുഖമാറിയ പണത്തെ വെച്ച ആനന്ദം ഇല്ലാട് വെച്ച ആനന്ദം ഇല്ല അത് ഞാന നിലയിലെ ആനന്ദം സ്വരൂപത്തിലൂപത്തിലരീരത്തിലും വെളി വിഷയങ്ങളിലും കവനത്തിലും ഇന്ന് എന്താ കുബേരനക്കും ആനന്ദമാർക്കുമടിയത് ലോകത്തിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള ആളുകൾ അവരോടും പോയി ചോദിച്ചു നോക്കൂ ആനന്ദമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ ഒരാളും പറയില്ല അവർക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാണ് സൊസൈറ്റിയില് മേലെ പോകും കൂടുതൽ പ്രശ്നങ്ങളാണ് ഇത് വേണമെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കണം സമൂഹത്തിൽ ഒന്ന് നടന്ന ആളുകളുമായിട്ടൊന്ന് ഇടപഴകി നോക്കണം നമ്മളുടെ ഭ്രമമൊക്കെ തീരും അല്ലെങ്കിൽ ദരിദ്രനായിട്ടുള്ളവന് പണക്കാരനെ കണ്ട മോഹം പണക്കാരന് ദരിദ്രനെ കാണുമ്പോൾ ഇവനെ പോലെ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചവന് പഠിക്കാത്തവനെ കണ്ടാൽ പഠിക്കാത്തവന് പഠിച്ചവനെ കണ്ടാൽ എനിക്ക് പഠിപ്പില്ലല്ലോ എന്ന് വിഷമം പഠിച്ചവന് ഇവനെ പോലെ ഞാൻ സുഖമായിട്ടില്ലല്ലോ വേണ്ടാത്തതൊക്കെ തലയിൽ കയറ്റിയല്ലോ എന്നുള്ള വിഷമം എല്ലായിടത്തും ഇംപെർഫെക്ഷനാണ് പെർഫെക്ഷൻ എവിടെ കാണും പെർഫെക്ഷൻ ഒരിക്കലും ദൃശ്യപദാർത്ഥങ്ങളിൽ ഒരിടത്തും കാണാൻ ഒക്കുകയേയില്ല പൂർണ്ണത വേണോ പൂർണ്ണത ഇപ്പോ ഇവിടെ ഉണ്ട് എവിടെ സ്വരൂപത്തിൽ ആത്മാവൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ശ്രദ്ധിച്ചാൽ പൂർണ്ണമാണ് ആർക്കും അതിൽ അപൂർണതയെ ഇല്ല ശരീരത്തിൽ അപൂർണതയുണ്ട് മനസ്സിൽ അപൂർണതയുണ്ട് അഹം അഹം അഹം എന്ന ആ അനുഭവത്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഇസ് ഇന്റഗ്രൽ എക്സ്പീരിയൻസ് സിംഗുലർ എക്സ്പീരിയൻസ് അതിൽ രണ്ടുണ്ടാവാനേ പറ്റില്ല സ്പ്ലിറ്റ് ഉണ്ടാവാനേ പറ്റില്ല അവിടെ പൂർണ്ണമാണത് അത് പൂർണ്ണതയാണ് അത് ഭഗവത് സ്വരൂപമാണ് എങ്ങനെയാ അപൂർണമാവോ ശ്രദ്ധ അവിടെയാണെങ്കിൽ പൂർണ്ണത ഇവിടെ ഉണ്ട് ശ്രദ്ധ ബാക്കിയുള്ള പദാർത്ഥങ്ങളിലൊക്കെ ആണെങ്കിൽ പൂർണ്ണത വരികയേയില്ല അതിനാൽ തം കുഴക്കെട്ടുണ്ടാക്കരുത് അതുകൊണ്ട് പൂർണ്ണത വെക്കണം നമുക്ക് ഇപ്പം പൂർണ്ണം കാട്ടു മോദകത്ത് പൂർണ്ണത്തെ വയ്ക്കുന്നത് ഉപ്പുമാവ പോ അൂർണത്തിൽ കവനം പോയിട്ട് തന്നെ അപൂർണം ഇല്ല ആപൂർണത്തിലെ പൂർണ്ണമാക്ക പാത്തോന്നാ പൂർണ്ണമേ ആകാതെ അപൂർണ്ണം അപൂർണമാർക്കും ആ ശ്രദ്ധ നമ്മുടെ സ്വരൂപത്തില ശ്രദ്ധ അവിടെ പോകുന്നതിനു പേരാണ് ബ്രഹ്മവിദ്യ അതിന് ഒരു ഒരു സഹായം വേണം ലോകത്തിൽ എന്താ സഹായം എന്ന് വെച്ചാൽ എംഫസിസ് നമ്മളുടെ ലക്ഷ്യം സത്യത്തിലാവണം എന്നിട്ട് ആ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ സത്യം എന്നുള്ളതിന് ഭഗവാൻ എന്നുവെച്ചുള്ള നമുക്ക് മുഖ്യമായിരിക്കണം ഭഗവാൻ മുഖ്യമായി വെച്ചുകൊണ്ട് ഭഗവാനാണ് മുഖ്യം എന്ന് തീരുമാനിച്ചാൽ തന്നെ ബാക്കിയൊക്കെ യോഗമായിട്ട് മാറും അല്ലാതെ കർമ്മയോഗം എങ്ങനെ ചെയ്യാമെന്നൊന്നും ചോദിക്കണ്ട ആർക്ക് ജീവിതത്തിന്റെ സെന്റർ പില്ലർ ഭഗവാനാണോ അവരുടെ കർമ്മം നാച്ചുറലി കർമ്മയോഗമാകും ഏതൊരു പ്രൈമറി ഇമ്പോർട്ടൻസോ അതിൽ മാത്രമേ നമ്മളുടെ ആസക്തി നിൽക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ കാര്യം കഴിഞ്ഞാൽ വിട്ടുപോകും എപ്പൊ വേണമെങ്കിൽ നോക്കിക്കോളൂ അതൊരു നിയമമാണ് നിയമമാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് ഏതിനാണോ അത് നിന്നുകൊണ്ടേ ഇരിക്കും പണത്തിന് പ്രൈമറി ഇമ്പോർട്ടൻസ് അതുകൊണ്ട് ഒരു ബാങ്കിൽ പോയി ജോലി ചെയ്യുന്ന ഒരാൾ ബാങ്കിലുള്ള ജോലി ഇമ്പോർട്ടന്റ് അല്ല അയാൾക്ക് കിട്ടുന്ന സാലറിയാണ് ഇമ്പോർട്ടന്റ് അതുകൊണ്ട് എന്താ ജോലി റിട്ടയർമെന്റ് ആയ ഉടനെ ആ ജോലിയൊക്കെ മറന്നുപോണു പക്ഷെ പണം മറന്നുപോണില്ല അത് കഴിഞ്ഞാല് മാസാമാസം പെൻഷൻ വാങ്ങിക്കാനും അത് കൂടുണ്ടോ കുറയുണ്ടോ നോക്കാനും അത് വേറെ വല്ല വഴിക്ക് കിട്ടുമോ നോക്കാനോ പണത്തിൽ ശ്രദ്ധയുണ്ട് പക്ഷെ ഈ ജോലി മുഴുവൻ മറന്നുപോയി എന്താ അത് സെക്കൻഡറി ആണ് പക്ഷെ ഉള്ള കാലത്ത് നന്നായിട്ട് ചെയ്തു നാച്ചുറൽ ആയിട്ട് അത് കർമ്മയോഗമാവും ഈ കർമ്മയോഗത്തിന്റെ സീക്രട്ട് നമുക്ക് ജീവിതത്തിൽ തന്നെ ഏതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കണമോ അതിൽ ശ്രദ്ധ നിൽക്കും സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കണതൊക്കെ വിട്ടുപോകും അപ്പൊ ഭഗവാൻ കർമ്മയോഗത്തിന് നമുക്ക് ശിക്ഷിക്കുന്നത് തന്നെ വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഇവിടെ കർമ്മം ചെയ്യലോ സമ്പാദിക്കലോ കൂട്ടലോ ഒന്നുമല്ല പരിപൂർണമായ വസ്തു അതിനെ ഭഗവാൻ എന്ന് വിളിക്കൂ ഭക്തി എന്ന് വിളിക്കൂ ജ്ഞാനം എന്ന് വിളിക്കൂ എന്താണെങ്കിലും വേണ്ടില്ല ആ ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് നല്ലവണ്ണം ആരക്കിട്ട് ഉറപ്പിച്ചിട്ട് പിന്നെ നീ കർമ്മം ചെയ്യുക എന്ത് വേണമെങ്കിൽ ചെയ്തോളാം അപ്പൊ എന്താവും വെച്ചാൽ കർമ്മം നാച്ചുറലായിട്ട് തന്നെ നമ്മൾ സംഘമില്ലാതെ ചെയ്യും കർമ്മം യജ്ഞമായിട്ട് മാറും കാരണം നമുക്ക് അതിൽ വലിയ ഇമ്പോർട്ടൻസൊന്നുമില്ല നമ്മളുടെ സെന്റർ കർമ്മത്തിലെ അല്ല നമ്മളുടെ സെന്റർ എവിടെയാണോ അവിടെ നമുക്ക് ഇമ്പോർട്ടൻസും സ്വാർത്ഥതയും ഒക്കെ വരും നാച്ചുറലാണത് അതിനെ അങ്ങനെ അല്ലാതാക്കാൻ ശ്രമിച്ച വെറുതെ വിഷമം നമ്മളുടെ ശ്രദ്ധ ഭഗവാനിൽ വെച്ചിട്ട് കർമ്മത്തിനെ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം സഹജമായിട്ട് കർമ്മം യോഗമായിട്ട് തീരും മനസ് വേറെ എവിടെയും പൂല്ല അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പുറമേക്കുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ബലമായി പിടിച്ചു നിർത്തിയാലും അകമയ്ക്ക് മനസ്സ് വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് ജീവിതത്തിന്റെ നമുക്ക് നേടാനുള്ളത് ഈ സുഖങ്ങളൊക്കെയാണെന്നും നമ്മൾ ബുദ്ധിയിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സുഖങ്ങളുടെ പുറകെ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും നേരെ മറിച്ച് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഈശ്വരനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലോ ഇന്ദ്രിയങ്ങൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് വഴങ്ങി തരും അതാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യൽ എന്ന് ഭഗവാൻ പറഞ്ഞത് അടുത്ത ശ്ലോകം നോക്കാം യസ്സാം നിയമ്യർജുനേന്ദ്രിയോഗം അസക്തസവിശിഷ്യത്തെ കഴിഞ്ഞ ശ്ലോകം കൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ പുറമേക്ക് അടക്കിയിട്ട് അകമേക്ക് ചിന്തിക്കുന്നതിനെക്കാളും പുറമേക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ വ്യാപരിക്കുമ്പോഴും അകമേക്ക് വാസനാമയമായി അതിനെ ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിക്കാതെ ഇന്ദ്രിയണി മനസാനിയമ്യ കർമ്മേന്ദ്രിയ കർമ്മയോഗം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മേന്ദ്രിയെന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയൊക്കെ അടക്കം ഇവിടെ നിരന്തരം ആര് പ്രവൃത്തി ചെയ്യുന്നുവോ സവിശിഷ്യത അവൻ ശ്രേഷ്ഠനാണെന്നാണ് ആദ്യം ചോദിച്ചല്ലോ പ്രവർത്തി ചെയ്യുന്നവനാണോ പ്രവൃത്തി ചെയ്യാത്തവനാണോ എന്ന് ഭഗവാൻ അതിനുള്ള ഉത്തരമാണ് അവിടെ പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നവൻ്ഞ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷേ ജ്ഞാനം അടഞ്ഞ ശേഷം അയാൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ അതിനൊരു സൗന്ദര്യം ഉണ്ടെന്ന് ജ്ഞാനം അടഞ്ഞ ശേഷവും അയാൾ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയിലും അയാളുടെ ജ്ഞാനത്തിന്റെ ബലം കാണാം അതുകൊണ്ട് മനസ്സ് നിയമനം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങൾ നിയമനം ചെയ്തുകൊണ്ട് ആത്മാനുഭവത്തോടു കൂടുകൂടെ ലോകത്തിൽ ആര് പ്രവർത്തിക്കുന്നുവോ എന്നുവെച്ചാൽ പ്രവർത്തിക്ക ഉദ്ദേശത്തോടു കൂടിയല്ല അസക്ത അയാൾക്ക് പ്രവർത്തിച്ചിട്ടൊന്നും കിട്ടാനില്ല കർമ്മം കൊണ്ട് ഒന്നും കിട്ടാനില്ല അപ്പം പിന്നെ എന്തിന് ചെയ്യണു എന്നുവെച്ചാൽ അയാളുടെ നിയതി സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മം ചെയ്യുന്നു എങ്ങനെയുള്ള കർമ്മം ചെയ്യും ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മം നല്ലവണ്ണം നോക്ക അതിലാണ് ഈ ഭക്തൻ ഞാനി എന്നുള്ള വ്യത്യാസമൊക്കെ വരുന്നത് ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നർത്തനം ചെയ്തു ശങ്കരാചാര്യർ ജ്ഞാനത്തിനെ പ്രഭാഷണം ചെയ്തുകൊണ്ട് നടന്നു രമണ മഹർഷി ഒരേയിടത്ത് നിശ്ചലമായിരുന്നു കൊണ്ട് വരുന്നവർക്ക് മാത്രം ഉപാധി ജ്ഞാനികളുടെ ഉപാധിയിൽ എത്ര വ്യത്യാസമുണ്ട് മഹാത്മാക്കളുടെ ഉപാധിയിൽ നമ്മൾ ഈ ഉപാധിയെ നോക്കുന്നത് കൊണ്ട് മാർഗം വരെ ഇവരുടെ മാർഗം വേറെ ഇവരുടെ മാർഗം വരെ തോന്നും പക്ഷേ അനുഭൂതി ഒരേ അനുഭവം അത് ഉപാധിയിലൂടെ പുറത്തു വരുമ്പോ അതാത് ഉപാധിയിൽ എന്തൊക്കെ അടങ്ങി കിടക്കുന്നു ആ ഉപാധിയിലുള്ള സ്വഭാവം പുറമേക്ക് ചീറ്റിക്കൊണ്ടുവരും അത് ജ്ഞാനികളിൽ പ്രത്യേകിച്ച് കൃഷ്ണൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരേ പൊളിറ്റീഷ്യൻ അല്ലെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും അന്നത്തെ കാലത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒത്തുതീർപ്പിന് നടന്നുകൊണ്ടിരിക്കും യോഗ വാഷ്ഠത്തിൽ കൃഷ്ണൻ ജനകൻ വസിഷ്ഠൻ സുഖബ്രഹ്മ മഹർഷി ഇവരെയൊക്കെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് പറയുന്നു സുഖബ്രഹ്മ മഹർഷി ലോകമേ അറിയാതെ വസ്ത്രം പോലും ഇല്ലാതെ ശരീരപ്രജ്ഞയും ഇല്ലാതെ നടന്നു വസിഷ്ഠൻ രാവിലെ എണീറ്റാൽ സന്ധ്യാവന്തനം ഔപാസനം ബ്രഹ്മയജ്ഞ അഗ്നിഹോത്രം എന്തൊക്കെയു വസിഷ്ഠനും ഞാനിയാണ് സുഖബ്രഹ്മ മഹർഷിയും ഞാനിയാണ് ജനകൻ രാജാവായിട്ട് രാജ്യകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കൃഷ്ണനോ ഓരോ സാമ്രാജ്യ പ്രശ്നങ്ങളും രാസക്രീഡയും വെണ്ണകക്കലും എല്ലാം ചെയ്തുകൊണ്ട് നടന്നു എത്ര വ്യത്യാസം നോക്കൂ ഉപാധിയിൽ ഒന്നും ഒന്നുപോലെ ഉണ്ടാവില്ല യൂണിക്കാണ് ഓരോ ഉപാധിയും അതെവിടുന്ന് വന്നു ആ ഉപാധിയുടെ സ്വഭാവമാണ് ഒരു ലൗകിക ഉദാഹരണം ആ ഉദാഹരണം എനിക്കിഷ്ടമല്ല എന്നാലും ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഫാനിലൂടെ വരുമ്പോൾ കാറ്റ് തരണം ഇലക്ട്രിസിറ്റി കാറ്റ് തരുന്നതാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും ഹീറ്ററിൽ വരുമ്പോൾ ചൂടാക്കുന്നു ഫ്രിഡ്ജിൽ വന്നാൽ അതേ ഇലക്ട്രിസിറ്റി തണുപ്പിക്കുന്നു ടേപ്പ് കോർഡറിലാണെങ്കിൽ പാട്ട് പാടുന്നു ഇലക്ട്രിസിറ്റി ഭാഗവതരാണോ നല്ലവണ്ണം പാട്ടുപാടുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഗ്രൈൻഡറിൽ ഇലക്ട്രിസിറ്റി അരി ഇട്ട് കഴിഞ്ഞാൽ അരച്ചു തരുന്നു അല്ലേ ഒക്കെ ഒരേ പവറാണ് അത് പറഞ്ഞ് ഗ്രൈൻഡറിൽ ഒരു കാസെറ്റ് എടുത്തിട്ടാലോ അതിലൊരു എല്ലാ ഇലക്ട്രിസിറ്റി അല്ലേ ഗ്രൈൻഡറിൽ കാസറ്റ് സി ഡി ഇട്ടിട്ട് ഓൺ ചെയ്താലോ പൊടിച്ചു തരും അതിന് അതേ അറിയണോ ഉപാധി ഉപാധി ഭേദം ഉള്ളത്തോളം കാലം ആ ഉപാധിക്കനുസരിച്ചേ അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുണ് പക്ഷേ ഇതിലൂടെയൊക്കെ ഒഴുകുന്ന കൃപാശക്തി ഒരേ കൃപാശക്തിയാണ് അതുകൊണ്ട് ജ്ഞാനികളും അറിയേണ്ടത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ നാമം ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സങ്കീർത്തനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്തുകൊണ്ടോ ഒന്നും ഇരിക്കണം എന്നില്ല എല്ലാം വരെ വരെ വരെ വരെ വരെ അവരുടെ ഉപാധി എങ്ങനെയോ അങ്ങനെ അതാണ് ഭഗവാനിവിടെ അർജുനനോട് പറയുന്നത് അർജുന ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നുള്ളത് എടുത്തു എങ്ങനെ എടുത്തു മാറ്റും കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് അർഹതയേ ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിനക്കൊണ്ട് ചെയ്യിപ്പിക്കും യു വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു അതിൽ നിനക്ക് സ്വാതന്ത്ര്യമേയില്ല എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് പ്രകൃതി കർമ്മം ചെയ്യിപ്പിക്കും ഞാൻ അർജുനം പറയണം ഞാനിപ്പോ യുദ്ധം ചെയ്യില്ല യുദ്ധം ചെയ്യില്ല എന്ന് പറയാൻ യു ഹാവ് നോ റൈറ്റ് യു വിൽ ബി മെയ്ഡ് ടു ഫൈറ്റ് ഒരിടത്ത് അല്ലെങ്കിൽ ഇനിയൊരിടത്ത് നമ്മളുടെ ഉപാധിയിൽ നിന്ന് നമുക്ക് പുറത്തു പറ്റില്ല സ്വഭാവത്തിന് ശരീരത്തിന് ചില സ്വഭാവമൊക്കെ ഉണ്ടോ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ ആ ഉപാധി ധർമ്മത്തില് ഞാൻ കർത്താവ് എന്നുള്ളത് എടുത്തു കളയുക എന്നാണ് ഞാൻ കർത്ത അതിലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളു ഫ്രീഡം ഉള്ളു എല്ലാരും തല ഒരു കാര്യമാണ് നമ്മൾക്ക് ഡെസ്റ്റിനി ആണോ ഫ്രീ വില്ലാണോ സ്വരൂപത്തിൽ ഫ്രീ വില്ലാണ് ശരീരത്തിൽ ഡെസ്റ്റിനിയാണ് സ്വരൂപത്തിൽ യു ആർ ഫ്രീ നൗ ശരീരത്തിലോ ഡെസ്റ്റിനി ഡെസ്റ്റിനി എന്ന് പറയാൻ കാരണം എന്താ ശരീരം എന്റെ അല്ല ഇവിടെയുള്ള മരവും മലയും ഒക്കെ പോലെ അതൊരു വസ്തു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ കാണുന്നു അനിർവചനീയമായി എന്റെ പ്രത്യക്ഷപ്പെട്ട ഒരു വസ്തുവാണെന്ന് അതിലെനിക്ക് ഫ്രീഡം ഇല്ല യുധിഷ്ഠര മഹാരാജാവ് ചോദിക്കുന്നുണ്ട് ഭാരതത്തിൽ ശിശുപാലനെ ഭഗവാൻ വധിച്ചപ്പോ വ്യാസരെ വിളിച്ചു ചോദിച്ചു വ്യാസരെ ഈ അറിയാതെ ഈ രാജസൂയയാകവേളയിൽ ഒരു വധം നടന്നുമല്ലോ അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണോ ഭഗവാനാണ് വധിച്ചിരിക്കണത് എന്നിട്ടാണ് ഈ ചോദ്യം അപ്പൊ വ്യാസഭഗവാൻ പറഞ്ഞു ധർമ്മപുത്രേ പ്രായശ്ചിത്തം ചെയ്യാൻ പുറപ്പെട്ടാൽ ഇനി അതിനെ സമയമുണ്ടാവുള്ളൂ കാരണം എന്താ ഇപ്പൊ ഗണപതി ഹോമമേ ആയിട്ടുള്ളൂ ഇനി ഇന്ന് തുടർന്ന് വരാൻ വധം വധം വധം വധം ഇനിയൊക്കെ വധമാണ് താങ്കളെ കൊണ്ട് വിട്ടു നിൽക്കാനേ വെക്കില്ല മാത്രമല്ല വലിയ യുദ്ധം വരാൻ പോകുന്നു മഹായുദ്ധം വരാൻ പോകുന്നു അമ്പോ പേടിച്ചുപോയി ധർമ്മപുത്ര ധർമ്മപുത്ര പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വിട്ടുപോവാം അങ്ങ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും യാഗയജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് ആ യുദ്ധത്തിനെ വേണ്ടാന്ന് വെക്കാം യാസർ പറഞ്ഞു ധർമ്മപുത്രരെ യാഗയജ്ഞമൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ ഞങ്ങൾക്കൊക്കെ കുറച്ച് ദക്ഷിണയൊക്കെ കിട്ടും പക്ഷെ അതുകൊണ്ട് യുദ്ധമൊന്നും നിക്കില്ല യുദ്ധമൊന്നും നിൽക്കില്ല ഇത് വന്നേ വെക്കൂ എന്താന്ന് വെച്ചാൽ പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അതിൽ നിന്നും വിട്ടു നിൽക്കാം എന്ന് ധർമ്മപുത്രർ പറഞ്ഞു താങ്കളെ കൊണ്ട് വിട്ടു നിൽക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല താങ്കളെ നടുവിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ യുദ്ധം നടക്കുക നോക്കണം ഒരു അപ്പൊ വ്യാസരോട് ചോദിച്ചു അപ്പൊ എനിക്ക് എവിടെ സ്വാതന്ത്ര്യം ഞാൻ എന്ത് ചെയ്യും വ്യാസഭഗവാൻ പറഞ്ഞു ഒരേ ഒരു സ്വാതന്ത്ര്യം അങ്ങക്കുണ്ട് ഈ യുദ്ധം എന്നെ കാരണം സംഭവിക്കുന്നു ഞാൻ ഇതിന് കാരണമാണ് ഞാനാണ് യുദ്ധം ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ഇങ്ങനെ ഒരു ഷാഠ്യവും കൂടാതെ ഞാൻ എന്നുള്ളത് ഉദിക്കാതെ ഇരിക്ക അപ്പൊ ഈ യുദ്ധമോ യാഗമോ നല്ലതോ ചീത്തയോ എന്ത് നടന്നാലും അഭിമാനവും ഉണ്ടാവില്ല അപമാനവും ഉണ്ടാവില്ല രണ്ടും അങ്ങയെ ബാധിക്കില്ല ഇത് നടന്നു പോട്ടെ ഇത് അങ്ങേ സ്പർശിക്കുകയേ ഇല്ല അഹങ്കാരം ഉദിക്കാൻ അനുവദിക്കാതിരിക്ക ഒരു കർമ്മവും അങ്ങല്ല ചെയ്യണത് കർമ്മം അങ്ങയിലൂടെ നടക്കുകയാണ് പ്രകൃതി മുഴുവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അതിൽ വെറുതെ ഞാൻ ചെയ്യണു ഞാൻ ചെയ്യണു എന്ന് അങ്ങ് അഭിമാനിക്കുകയാണ് അഹങ്കരിക്കുകയാണ് ആ കർമ്മം അങ്ങയിലൂടെ നടക്കട്ടെ അങ്ങയിലൂടെ എന്ത് കർമ്മം നടക്കണോ ആ കർമ്മത്തിനെ അങ്ങ് തടസ്സം ചെയ്യരുത് കൃഷ്ണൻ പുല്ലാങ്കുഴലെടുത്ത് വായിക്കുമ്പോ രാധാദേവി ചോദിച്ചു എത്രേ പുല്ലാങ്കുഴലോടെ വേണുവിനോടെ വേണു നീ എന്ത് ഭാഗ്യം ചെയ്തു കണ്ണൻ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് അപ്പോ ഓടി പോകുന്നു നിന്നെ വിടുന്നേ ഇല്ല എപ്പോഴും കയ്യിലേ വെച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇടുപ്പിൽ വെക്കണം അല്ലെങ്കിൽ വായിൽ വെക്കുന്നു അപ്പൊ വേണു പറഞ്ഞു എത്ര രാധയോട് രാധ നോക്കൂ ഞാൻ ഒന്നുമില്ല ഉള്ളിലോ ഹോളോ ആണ് ഇതുപോലെ ആവാമെങ്കിൽ ഭഗവാൻ എപ്പോഴും അതിലൂടെ സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും അത് ഫുള്ളി ഹോളോ ആണ് ഒന്നിലും ഒരു എന്റേത് ഞാൻ വ്യക്തിത്വമേ നടുവിലില്ല അപ്പൊ ഭഗവാന്റെ സംഗീത അതിലൂടെ ഒഴുകും അല്ലെ തടസ്സമില്ല നീപ്പ പുലാങ്കുഴൽ സ്വയം പാടാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവുമോ എന്നാലോചിച്ച് നോക്കേരിക്ക് ഒരാൾ ഇരിക്കുമ്പോ നല്ലവണ്ണം ഹംസത്വനീ രാഗ ആലാപിച്ച് വാ താപി തുടങ്ങണമെന്നിരിക്കുമ്പോ ആ സിനിമ പാട്ട് പാടിയാണ് അയാൾ അപ്പ അടിച്ചു പൊട്ടിക്കും സ്വാതന്ത്ര്യം ഉണ്ടോ പുല്ലാമ്പുഴലോ പാടാൻ സ്വയം വേണുവിന് അതിന്റെ സ്വഭാവം എന്താ വേണുവാദി വാദനം ചെയ്യുമ്പോൾ വേണുഗാനം അതിലൂടെ വരണം അല്ലെ അതിൽ വേറൊരു ശബ്ദം വരാൻ പാടല്ലേ ഓരോ ശരീരത്തിനെയും അതിന്റെ സിസ്റ്റം തന്നെ ഭഗവാൻ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നു അതിന് സ്വഭാവനീയത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന പേര് സ്വഭാവനീയത്തി അനുസരിച്ച് ഓരോ ശരീരവും പ്രവർത്തിക്കുന്നു ആ കർമ്മം ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോട്ട് ഗെറ്റ് ബ്ലോക്ക്ഡ് ദർ നോക്കണം ചിലര് അവിടെ പോയി ബ്ലോക്ക് ആയി നിൽക്കും ശരീരം എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ ഇത് ഞാൻ ചെയ്യണു എന്നുള്ളത് ന്യായീകരിക്കാനും അല്ല നമ്മളെ ശ്രദ്ധ മുഴുവൻ ചെയ്യുന്നവനിലേക്ക് ഈ ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണം ഉണ്ടാവില്ല പൂർണ്ണതയാവില്ല ഞാൻ ചെയ്യണില്ല എന്നുള്ള ഭാവം കൊണ്ടും പൂർണ്ണതയാവില്ല നിശ്ചലമായ തത്വം ഒന്ന് അകമയുണ്ട് അത് സ്വയം പൂർണ്ണ വസ്തുവാണ് അതിലേക്ക് ശ്രദ്ധ പോകണം വിധേഹെ പ്രയത്നസ്യ ച കോപിവാദ തയോർദ്വയോ മൂലമജാനതാ സാത് വിധേ പ്രയത്ന മൂലവസ്തു സഞ്ജാനതാ നൈവവിധി ഹീ നയത്ന മൂലമായ ഒരു ആത്മസ്വരൂപമുണ്ട് സത്യജ്ഞാനന്ദരൂപമായ ഒരു വസ്തു ഉണ്ട് അകമയ്ക്ക് അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദർ ഇസ് നോ സ്പിരിച്വാലിറ്റി ഇറ്റ് ഇസ് ഓൺലി എൻ എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ എല്ലാം നടക്കണു നടക്കണം ശ്രദ്ധ എവിടെ ശ്രദ്ധ സെന്ററിലേക്ക് വരണം ശ്രദ്ധ ഞാനുണ്ട് എന്നുള്ള അനുഭവത്തില് വരണം അത് ഈ അഹങ്കാരത്തിന്റെ തടസ്സം നീങ്ങുമ്പോ തന്നെ ശ്രദ്ധ അങ്ങോട്ട് വരും നാച്ചുറലായിട്ട് പക്ഷെ ഈ കർമ്മത്തിന് തടസ്സം നിക്കരുത് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകം നോക്ക ണീരയാത്രേ ന പ്രസിദ കമ്മണ ജാസീ ചേത് കർമ്മണസ്തേ മതാബുദ്ധിർജനാർദ്ദന എന്ന് ചോദിച്ചു ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനൻ കർമ്മത്തിനേക്കാളും അങ്ങയുടെ അഭിപ്രായത്തിൽ ബുദ്ധി ശ്രേഷ്ഠമാണെങ്കിൽ എന്തിനീ കർമ്മത്തിൽ എന്നെ തള്ളിവിടുന്നു അവിടെ ജ്യായെന്ന് ചോദിച്ചു അതിനുത്തരമായി ഭഗവാൻ ഇവിടെ ജ്യായുള്ള പദം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു വെറുതെ കർമ്മം ഉപേക്ഷിക്കുന്നതിനെക്കാളും കർമ്മം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് കർമ്മ ജ്യോഹി അകർമ്മണ കർമ്മമില്ലാതെ നേരത്തെ കൂട്ടി അത് ഒന്നിനും കൊള്ളാതെ ഉഭയഭ്രഷ്ടനായിട്ട് തീരുന്നു ഇയാളുടെ ഉള്ളിൽ കർമ്മം ചെയ്യാനുള്ള വാസനയുണ്ട് പ്രാരബ്ധാസനൊക്കെ ഇറ്റ് ഷുഡ് ബി സ്പെന്റ് ഔട്ട് അല്ലെങ്കിൽ ഒരിക്കലും സ്ഥിരപ്രജ്ഞത്വം വരില്ല ജ്ഞാനുഭൂതി വരില്ല ദർ ഇസ് നോ ഷോർട്ട് ഷോർട്ട് കട്ട് ഉണ്ടോ നമ്മൾ വിചാരിക്കുന്നു നേരെ സന്യാസം എടുത്ത് നേരെ പോയി കുറച്ച് പരിശ്രമം ചെയ്ത് ഗുഹയിലിരുന്നാൽ ഒന്നും നടക്കില്ല ഒരു വിധത്തിൽ നടക്കില്ല ഈ അടുത്ത കാലത്ത് വളരെ എന്താണ് റെവല്യൂഷണറി ആയിട്ട് പ്രസംഗം ചെയ്തിരുന്ന ഒരാളാണ് കൃഷ്ണമൂർത്തി അപ്പൊ കൃഷ്ണമൂർത്തി ഈ മോഡേൺ എഡ്യൂക്കേഷൻ മോഡേൺ ഇൻഫ്ലുവൻസ് ഒക്കെ വിമർശനം ചെയ്തോണ്ട് കുട്ടികളെയൊക്കെ നമ്മൾ കേടുവരുത്താണ് അംബീഷൻ കോമ്പറ്റീഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്ത് കുട്ടികളെയൊക്കെ കേടുവരുത്താണ് അവരെയൊക്കെ ഒരു പുഷ്പം പോലെ വളർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാള് പുതിയൊരു ഐഡിയ ആയിട്ട് ചോദിച്ചു അദ്ദേഹത്തിനോട് കൃഷ്ണാജി നമ്മള് കുറെ കുട്ടികൾ ജനിച്ച ഉടനെ അവരെയൊക്കെ ഏതെങ്കിലും ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ടുണ്ട് ആരും കാണാതെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ഇല്ലാതെ അവിടെ വളർത്തിയ അവരൊക്കെ ജ്ഞാനികളാവോ എന്ന് ചോദിച്ചു ദേ വിൽ ബി ബ്രൂഡ്സ് എന്ന് നമ്മൾ വിചാരിക്കുക ഏതോ ടെക്നിക്ക് ഉണ്ടെന്നാണ് നമ്മളുടെ ക്ലവർനെസ് ഉപയോഗിച്ച് സ്പിരിച്വാലിറ്റിക്ക് ആ നെവർ ബി കൾട്ടിവേറ്റ് അവിടെയാണ് കൃപ കൃപ എന്ന് ഗ്രേസ് എന്താന്ന് വെച്ചാൽ ഒരു വിധത്തിൽ നിങ്ങളുടെ സൂത്രപ്പണിയൊന്നും ഭഗവത് അനുഭവ മണ്ഡലത്തിൽ നടക്കുകയേയില്ല നമ്മളുടെ അഹങ്കാരം വിചാരിക്കുന്ന ഒരു മാർഗ്ഗവും ശരിയാവില്ല കർമ്മം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ല നമ്മൾ ഏത് വഴിയിൽ ഇരിക്കണോ ആ വഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം കോട്ടെ ആ പ്രവൃത്തി ഒന്നും തടസ്സം ചെയ്യണ്ട ഭഗവാൻ പറയണത് നിയതം കുരു കർമ്മത്വം നിയതം എന്ന് വെച്ചാൽ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് വാസനക്ക് അനുസരിച്ച് എന്ത് കർമ്മമുണ്ടോ ആ കർമ്മം നടക്കട്ടെ അതിന് തടസ്സം ചെയ്യരുതാണ് കർമ്മജ്യായോഹി അകർമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടല്ലോ അല്ലേ നല്ലതാ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് പക്ഷെ അസക്തമാണെങ്കിൽ മുഴുവൻ പുറത്തുപോയി ഇനി ഒന്നും പുതിയത് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആസക്തിയോടുകൂടെ ചെയ്യുകയാണെങ്കിലോ പുറത്തു പോകും തോറും അകത്തേക്ക് വന്നുകൊണ്ടും ആ ഒരു ഡോർ അടയ്ക്കാൻ വേണ്ടിയാണ് രാഗദ്വേഷുക്ത ഈസ്തു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അറ്റാച്ച്മെന്റും അവേർഷനും ഇല്ലാതെ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ളതില്ലാതെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ നമ്മളിലൂടെ പ്രവർത്തികൾ നടക്കുകയാണെങ്കിൽ ആ കർമ്മം നല്ലതാണ് അത് എന്ത് കർമ്മമാവട്ടെ നല്ല കർമ്മമോ ചീത്ത കർമ്മമോ ഒന്നും സെഗ്രിഗേഷനേ വേണ്ട നടക്കണമല്ലോ അല്ലേ എന്നിലൂടെ എന്തോ വന്നുകൊണ്ടിരിക്കണു എന്നിൽ എന്ത് സംഭവിക്കണമോ അത് സംഭവിക്കേണ്ടതാണ് വാസന പ്രാരബം എന്തോ നടക്കുന്നു അത് മാറ്റിമറിക്കാൻ പറ്റില്ല ആ കർമ്മം നടക്കുന്നതിന് നമുക്ക് ശരീരയാത്ര ശരീരയാത്ര എന്നുള്ളതിന് ഇവിടെ അർത്ഥം ശരീരം തന്നെ നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക എന്താ യാത്ര ജീവിതത്തിന്റെ ഒരു പരമലക്ഷ്യത്തിനുള്ള ഒരു യാത്ര എന്താ ലക്ഷ്യം ശരീരം എന്തിനു വന്നിരിക്കണം പ്രാരബ്ധം വേറെ ഒരു ഉദ്ദേശം എന്താ പ്രാരബ്ദ അനുഭവിക്കണം തത്വജ്ഞാന ഉണ്ടാവണം ഓരോ ശരീരവും ഓരോ ചാൻസാണ് നമുക്ക് തത്വജ്ഞാന ഉണ്ടാവണം ജ്ഞാനാനുഭവ ദാർഢ്യം ഉണ്ടാവണം ഉള്ളിലുള്ള വാസനകൾ പുതിയത് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം അതാണ് സ്പിരിച്വാലിറ്റി അധ്യാത്മികം എന്ന് പറയുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യലല്ല ഉള്ളത് പുറത്തു പോകണം പുതിയതൊന്നും ഉണ്ടാവാതെ നോക്കണം ചെയ്യാതിരിക്കുന്നതിൽ എത്ര പവറുണ്ടോ അത്ര പവർ ചെയ്യുന്നതിലേയില്ല നല്ലത് ചെയ്യുന്നതിനെക്കാളും ചീത്ത ചെയ്യാതിരിക്ക വളരെ ശക്തിയുണ്ട് നല്ലത് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ പോസിറ്റീവ് എക്സ്റ്റൻഷനാണ് പക്ഷേ ഈ ചീത്ത ചെയ്യാതിരിക്കണത് ഉണ്ടല്ലോ അത് വളരെ പവർഫുള്ളാണ് അപ്പൊ കർമ്മം നമുക്ക് എന്ത് സ്വഭാവ സ്വാഭാവികമായി എന്ത് കർമ്മം വീണ് കിട്ടിയിട്ടുണ്ടോ ആ കർമ്മം നമ്മളിലൂടെ നടക്കട്ടെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവവും വേണ്ട ഞാൻ ചെയ്യില്ല എന്നുള്ള നിർബന്ധവും വേണ്ട അർജുനനെ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും ശരീരയാത്ര പൂർണ്ണമാവില്ല എന്നാണ് പിടിച്ചു നിർത്തിയാൽ യു വിൽ ഗെറ്റ് സ്റ്റാഗിനേറ്റഡ് മരവിച്ചു പോവും സാധാരണമായ ഒരു അർത്ഥം പറഞ്ഞ ശരീരയാത്ര എന്നുള്ളതിന് ഒരു സ്വാമി സാധാരണ അർത്ഥം പറഞ്ഞു പണി ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ണാൻ പോലും കിട്ടില്ല എന്നാണ് അറ്റ്ലീസ്റ്റ് ആ ശരീരയാത്ര ശരീര ജീവനത്തിന് ജോലി ചെയ്യണം ആരെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കിട്ടുന്നതിനെക്കാളും ഈ ശരീരം തന്നെ എന്തോ ചെയ്തിട്ട് തിന്നട്ടെ ജീവിക്കട്ടെ അപ്പൊ അവനവന്റെ ജീവനത്തിന് വേണ്ടി എങ്കിലും ശരീരയാത്ര പ്രവർത്തിച്ചേക്കണം എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്തെങ്കിലും പ്രവൃത്തി രമണ മഹർഷി സമാധിയായപ്പോ മഹർഷിയുടെ ശിഷ്യന്മാർ പാർശ്വന്മാരായിട്ടുള്ള എല്ലാരും പല സ്ഥലങ്ങളിലേക്ക് പോയി അതിൽ വലിയൊരു മഹാത്മാ ഉണ്ടായിരുന്നു വിശ്വനാഥസ്വാമി വിശ്വനാഥസ്വാമി മഹാതപസ്വിയായിരുന്നു വലിയ സ്കോളറായത് സംസ്കൃത പണ്ഡിതൻ വേദാന്തശാസ്ത്ര പണ്ഡിതൻ സ്വാമി ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിൽ അദ്ദേഹം ഫ്രീഡം ഫൈറ്റിംഗ് ഫ്രീഡം ഫൈറ്റിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു ജയിലിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി തുറന്നു വിട്ടതാണ് അദ്ദേഹത്തിന് നേരെ തിരുവണ്ണാമലയ്ക്ക് വന്നു രമണാശ്രമത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മഹർഷിയുടെ ഒരു കസിനാണ് അദ്ദേഹത്തിന്റെ അച്ഛന് അനാഥക്കുട്ടിയായിരുന്നു എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മരിച്ചുപോയിട്ട് മഹർഷിയുടെ അമ്മയാണ് വളർത്തിയത് വിശ്വനാഥസ്വാമിയുടെ അച്ഛനെ അപ്പോ അഴകന്മാൾ ഗർഭിണിയായപ്പോ രമണ മഹർഷിയുടെ അമ്മ ഗർഭിണിയായപ്പോ അഴകന്മാൾ വിചാരിച്ചു ആദ്യത്തെ കുട്ടി മകനായിട്ട് ജനിച്ചു ഇത് മകളായിട്ട് ജനിച്ചാൽ വിശ്വനാഥസ്വാമിയുടെ അച്ഛൻ രാമസ്വാമി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം വിചാരിച്ചതാണ് അപ്പോ മഹർഷിയെ പ്രസവിക്കുമ്പോ ഈ പ്രസവം നോക്കാനായിട്ട് വന്ന സ്ത്രീ അവർക്ക് കണ്ണ് കാണില്ലേ അന്ധയാണ് പക്ഷേ അതിൽ വളരെ ശക്തി വളരെ കഴിവുണ്ട് കണ്ണു കാണില്ലെങ്കിലും ഈ പ്രസവം നോക്കും അവർ അവരോടാണ് തൊട്ടു നോക്കിയിട്ടേ അറിയാൻ പറ്റൂ അവരോട് ചോദിച്ചു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആൺകുട്ടി എന്ന് പറഞ്ഞപ്പോ വാസ്തവത്തെ സങ്കടം തോന്നിയത്ര അഴകന്മാർക്ക് ആൺകുട്ടിയാണ് ജനിച്ചത് അപ്പൊ ആ അന്ധയാണ് പറഞ്ഞത് അങ്ങനെ സങ്കടപ്പെടേണ്ട ഏതോ മഹാത്മാവാണ് വന്ന് ജനിച്ചിരിക്കുന്നത് കണ്ണു കാണാത്ത എനിക്ക് ആ കുട്ടി ജനിച്ചുകൊണ്ട് ഒരു പ്രകാശദർശനം ഉണ്ടായി ജ്യോതി ദർശനം ഉണ്ടായി വിശ്വനാഥസ്വാമി മഹർഷിയുടെ സമാധി വരെ കൂടെ ഉണ്ടായിരുന്നു വലിയ മഹാത്മാ വലിയ സ്കോളർ മഹർഷി പോലും ശാസ്ത്രീയ ശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശ്വനാഥനെ വിളിക്കും മഹർഷി സമാധിയായ ശേഷം ഇവരൊക്കെ എവിടെ പോയിന്നേ അറിയില്ല ഈ പറഞ്ഞ ഗണേശനാം ആനന്ദാശ്രമം കാഞ്ഞങ്ങാട്ടിൽ വന്നപ്പോ മാതാജി കൃഷ്ണാഭായി വിളിച്ചിട്ട് പറഞ്ഞു ഗണേശ എന്റെ ഡ്യൂട്ടി ധർമ്മം രമണ മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന പാർശ്വന്മാരൊക്കെ എവിടെ ഉണ്ടോ അവരെയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് രമണാശ്രമത്തിൽ കൊണ്ടുവന്ന് ഇരുത്തണം അവരോരോരുത്തരും ഓരോ പർവതമാണ് തപസിന്റെ പർവ്വതമാണ് എന്ന് പറഞ്ഞു വാക്ക് വാങ്ങിച്ചു എവിടെ പോയി തരയും ചിലരെയും ഒക്കെ കൊണ്ടുവന്നു വിശ്വനാഥസ്വാമി എവിടെ തന്നെ അറിഞ്ഞില്ല നോക്കണം എത്രയോ കാലത്ത് തപസ് ഇരുപത് വയസ്സിൽ മഹർഷിയുടെ അടുത്ത് വന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി വന്ന ആള് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ പോയിട്ടുണ്ട് എവിടെ പോയി അറിയില്ല ഒരു ദിവസം മദ്രാസിലെ ബസ് സ്റ്റാൻഡില് ഇദ്ദേഹം നിൽക്കുമ്പോ ഈ ഭക്തൻ നിൽക്കുമ്പോ ഒരാള് പരിചയമുള്ള ഒരാളെ കണ്ടു അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വരണു ഞാൻ വിശ്വനാഥസ്വാമിയെ കണ്ടിട്ട് വരികയാണ് വിശ്വനാഥസ്വാമി എവിടെ ഉണ്ട് ഇവിടെ അടുത്തൊരു അദ്ദേഹത്തിന്റെ ഏട്ടന്റെ ബന്ധുവിന്റെ ഒരു വീട്ടിലുണ്ട് ആ ബന്ധുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ലുങ്കി കൊടുത്ത് ഒരു ബ്രാഹ്മണൻ ഉമ്മർത്ത് നിൽക്കണുണ്ട് എന്ത് വേണോ ചോദിച്ചോത്രേ ഞാൻ വിശ്വനാഥ സ്വാമിയെ കാണാൻ വന്നതാണ് ആ അത് പോയപ്പോ ഭാര്യ അവിടെ റോട്ട് നിലത്ത് കിടക്കണുണ്ട് നീണ്ട് കിടക്കുന്നുണ്ട് വിശ്വനാഥ സ്വാമിയെ കാണാൻ അകത്തു പോകാം അകത്തു പോയപ്പോ അവരുടെ മകൾ ഇരുപത് വയസ്സ് പെൺകുട്ടി ഈസി ചെയറില് കിടന്നുകൊണ്ട് തമിഴ് മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു മാസിക വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കാം സ്ത്രീകള് ഒരു സ്ത്രീ കിടക്കണു ഒരു പെൺകുട്ടി അവിടെ കിടക്കണു ഉള്ളിൽ ചെന്നപ്പോ സ്വാമികൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ പാചകം ചെയ്യേണ്ടവർ ഇവിടെ ഓരോരുത്തർ കിടക്കുമ്പോ സ്വാമികൾ അടുക്കളയിലെ പോയി കരഞ്ഞു കരഞ്ഞു സ്വാമി ഇങ്ങോ ഇത് പോടാ ഗണേശ ഉടമ്പു ഇരിക്കണോ സാപ്പാട് വേണം അത് ഇങ്ങ കിടക്കരുദ്ദേഹം അദ്ദേഹം മഹാ പണ്ഡിതനാണ് ഞാനിയാണ് അനുഭൂതിമാണ നൈഷ്ഠിക ബ്രഹ്മചാരി മഹാതപസ്വി അദ്ദേഹത്തിന് വേണമെങ്കിൽ കാഷായം എടുത്തു ഒരു സന്യാസി വേഷം കെട്ടി എവിടെങ്കിലും ഒക്കെ ഇരിക്കാമായിരുന്നു ഞങ്ങളൊക്കെ സ്വാമി സ്വാമി എന്ന് വിളിക്കുമ്പോൾ അല്ലാതെ ഒരാരും ബാഹ്യ സന്യാസം ഒന്നും എടുത്തില്ല പുറമേക്ക് കാഷായൊന്നും കൊടുത്തില്ല ഭിക്ഷ എടുത്തു എന്നാലും കാഷായം പേര് മാറ്റിയില്ല ആരും അറിയാതെ ബന്ധുക്കളിലാരുടെയോ വീട്ടിലെ അടുക്കളപ്പണിക്കാരനായിട്ട് പോയി ഇരിക്കുക എന്താ ഉദ്ദേശം എന്ന് നിർവഹണത്തിന് എന്തെങ്കിലുമൊക്കെ വേണം അതിനെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്ത് കിട്ടി ചോറ് നേരം കിട്ടിയാൽ കഴിക്കാം ശരീരയാത്രാപിച്ച നേരം പ്രസിദ്ധിയെ തകർമ്പാണ് പിന്നീട് കരഞ്ഞ് കാല് പിടിച്ച് തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ അദ്ദേഹം മൗണ്ടൈൻ പാത്ത് എഡിക്ടറായിട്ടും കുറച്ച് സഹായമൊക്കെ ചെയ്തു വലിയ മഹാപുരുഷൻ വളരെ കാലം നമ്മളാശ്രമത്തിൽ പിന്നീട് ഉണ്ടായിരുന്നു എന്തിനു പറയണമെന്ന് വെച്ചാൽ കർമ്മത്തിന് അത്രയേ അവരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ കർമ്മം എന്തിനാ ശരീരയാത്ര നമ്മളൊക്കെ കർമ്മത്തിൽ പ്രൈഡിനെ കൊണ്ടുവച്ചിരിക്കുക വാനിറ്റി അഭിമാനത്തിനെയൊക്കെ കൊണ്ടുവച്ചിരിക്ക എല്ലാ സുഖ സാമഗ്രികളും കൊടുത്താൽ എനിക്ക് വേണ്ടത്ര റെക്കഗ്നീഷൻ ഇല്ല എന്റെ അറിവിനുസരിച്ചിട്ടുള്ള ശമ്പളം ഇല്ല എന്തൊക്കെയോ പറഞ്ഞ് അതെന്നൊക്കെയാണോ നമുക്ക് സുഖം അന്ത അന്തരംഗത്തിലാ ഈ പുറമേക്ക് ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ണമോ ഉറങ്ങണം ബേസിക് നെസസിറ്റീസ് ഷുഡ് ബി ഫുൾഫിൽഡ് അതിനേ ഉള്ളൂ ഈ പുറമേക്കുള്ള കാര്യങ്ങളൊക്കെ അതിന് നീ കർമ്മം ചെയ്യണം എങ്ങനെ നിയതമക്കൊരു കർമ്മത്വം നിനക്ക് സ്വാഭാവികമായി എന്ത് ചെയ്യണോ ചെയ്തുകൊണ്ടേ ഇരിക്കുമോ അതിൽ ഫലം കിട്ടിയാൽ കിട്ടട്ടെ ധാരാളം കിട്ടണ്ടോ കിട്ടട്ടെ കിട്ടിയിട്ടില്ലേ വേണ്ട ഒന്നും വേണ്ട എന്നും പറയേണ്ട എനിക്കിത്ര വേണമെന്നും പറയേണ്ട നടന്നുകൊണ്ടേയിരിക്കട്ടെ ലൈറ്റ് ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ഫിസിക്കൽ പ്ലെയിൻ ഇറ്റ് യു വിൽ നെയ്തർ ഡിസ്റ്റർബ് യു നോർമലി ഇറ്റ് ഹെൽപ്പ് യു സ്പിരിച്വലി നമ്മള് ഒന്നിലത് ഡിസ്റ്റർബൻസ് ആണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ഞാനൊക്കെ നേടിയെടുക്കും രണ്ട് സാധ്യമല്ല കർമ്മം നമ്മള് പൂർണ്ണമാക്കുകയും അതുകൊണ്ടാണ് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ് സമുദ്രത്തിലെ എത്ര നദി പോയി വീണോട്ട് സമുദ്രത്തിന് എന്താ ഫ്ലഡ് ഉണ്ടാക്കൂല സമുദ്രം വറ്റിപ്പോകൂല അപൂര്യമാണ് മ ജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശംത്തിയത് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ അകർമ്മ എന്തിനു കർമ്മം ചെയ്യണം ശരീരയാത്രാഭിചതേന പ്രസിദ്ധേത് അകർമ്മണ ശരീരയാത്ര ശരീരത്തിന്റെ സാധാരണ നിർവഹണം പോലും നടക്കില്ല എന്നൊരർത്ഥം മറ്റൊരർത്ഥം എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മൾ ശരീരം എടുത്തിരിക്കുന്നത് തന്നെ പ്രാരബ്ധ ക്ഷേത്രമാണ് ആ പ്രാരബ്ധം ക്ഷയിക്കണമെങ്കിൽ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ പ്രാരബ്ധം ക്ഷയിക്കില്ല ാരംഭം ക്ഷയിച്ചു എന്നുള്ളതിനെന്താ തെളിവ് എന്ന് വെച്ചാൽ ആറാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് കർമ്മം ചെയ്യാനുള്ള അർജുമില്ല നിശ്ചലമായി ചുമ്മാ ഇരുന്നാൽ മനസ്സ് ചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുമില്ല ഉള്ളില് സഹജമായി സ്വരൂപ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ചാത്താന്മാരൊക്കെ പോയി കഴിഞ്ഞു എന്നർത്ഥം ഉള്ളില് വാസനകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു ഉള്ളിൽ നിർവൃത്തി അപ്പോ തന്നെയാണ് പോയി കർമ്മമൊന്നും ചെയ്യേണ്ട അയാൾ ചെയ്യുന്നതുകൊണ്ട് ഒന്നും നേടാനില്ല അയാൾക്ക് ചെയ്യാൻ സാധിക്കൂല ഒരു സ്റ്റേജിന് മേലെ അവരെ വിട്ടുപോകുന്നു അവര് കർമ്മം ഉപേക്ഷിക്കലല്ല അവരെ വിട്ടുപോകുന്നു അതുവരെ വൊളിഷൻ വിത്ത് വൊളിഷൻ വൊളണ്ടറി ആയിട്ട് പരിശ്രമത്തോടുകൂടെ നിശ്ചയം ചെയ്തുകൊണ്ട് അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യും എന്നൊന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ടെന്നാണ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ നടക്കണ വേറെ നടക്കട്ടെ എന്തൊക്കെ നടക്കണോ നടക്കട്ടെ കർമ്മം തടസ്സമേ അല്ല അധ്യാത്മികത്തിന് ആത്മധ്യാനത്തിന് ഒരു ബന്ധവുമില്ല അത് നടന്നുകൊണ്ടേ ഇരിക്കട്ടെ ശരീരത്തിൽ കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ ശരീരയാത്രാപിചത്തേന പ്രസിദ്ധേത് അകർമ്മ അപ്പൊ കർമ്മ എങ്ങനെ ചെയ്യണം ഞങ്ങളിപ്പോ ചെയ്യണ്ടല്ലോ അതുപോലെ ചെയ്താൽ മതിയോ ചെറിയൊരു മാറ്റം വരുത്തിക്കൊള്ള അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ കർമ്മം കൂടുതൽ കൂടുതൽ കർമ്മത്തിനെ കൊണ്ടുവരും ആസക്തി ഉണ്ടാക്കി ബന്ധിപ്പിക്കും അങ്ങനെ ബന്ധിപ്പിക്കാതിരിക്കണമെങ്കിൽ കർമ്മത്തിനെ യജ്ഞമാക്കി മാറ്റണം യജ്ഞമാക്കി മാറ്റാതെ കർമ്മം ചെയ്താൽ ആ കർമ്മം ബന്ധകാരകമാണ് യജ്ഞമായിട്ട് ഏതൊക്കെ കർമ്മം ചെയ്യപ്പെടുന്നുണ്ടോ ആ കർമ്മമൊക്കെ നമ്മളെ സ്വതന്ത്രമാക്കും യജ്ഞം എന്നുള്ള പദത്തിന് ഇവിടെ അർത്ഥം കർത്തൃത്വമില്ലാതെ ചെയ്യപ്പെടുന്ന എന്ത് കർമ്മവും യജ്ഞമാക്കി ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ ഊണ് കഴിക്കണു എന്നുള്ള ഭാവമില്ലാതെ ഊണ് കഴിച്ചാൽ ആ ഊണ് പ്രസാദമായിട്ട് തീരും ഞാൻ കൊടുക്കണമെന്ന് ഭാവമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദാനം യജ്ഞമായിട്ട് തീരും ഞാൻ ജപിക്കുന്നു എന്നുള്ള ഭാവമില്ലെങ്കിൽ ജപം യജ്ഞമായിട്ട് തീരും എന്തിലും അഹംകർത്ത എന്നുള്ള ഭാവം യജ്ഞമായിട്ട് തീരും അല്ലാതെ അഗ്നികാര്യം മാത്രമാണ് യജ്ഞം നടത്തമല്ലേ അഗ്നികാര്യം പോലും അത് ഞാൻ ചെയ്യണു എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് യജ്ഞമല്ല അത് യജ്ഞമല്ല അപ്പൊ യജ്ഞ പദ്ധതി യജ് എന്നുള്ള ധാതുവിന് തന്നെ ടു സാക്രിഫൈസ് എന്നാണ് അർത്ഥം ഇല്ല എന്തിനെ സാക്രിഫൈസ് ചെയ്യ തന്നെ തന്നെ ഇല്ലാതാക്ക ആത്മയാജി തന്നെ ഇല്ലാതാക്ക അങ്ങനെയുള്ള യജ്ഞത്തിനെ വാഴ്ത്തിക്കൊണ്ടാണ് ഭഗവാൻ ഇനി വരുന്ന ശ്ലോകങ്ങളൊക്കെ പറയണത് അടുത്ത ശ്ലോകം വായിച്ചു നിർത്താം യജ്ഞാർത്ഥോ ൗതേയാ മുക്തസംഗ സമാചരാ യജ്ഞാർത്ഥാത് കർമ്മണ യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യണം ഋഷികൾ നമ്മളുടെ ജീവിത സമ്പ്രദായത്തിനെ തന്നെ അങ്ങനെയാണോ ഉണ്ടാക്കി തന്നത് ഒരു ഗൃഹസ്ഥന്റെ ജീവിതം പ്രത്യേകിച്ച് മുഴുവൻ യജ്ഞമാക്കി തീർക്കാനായിട്ടുള്ള പരിഭാഗത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം ലോകമംഗളത്തിനായി നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ യജ്ഞമായി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വെച്ചാലോ സ്വാർത്ഥമായി ചെറിയ ചെറിയ കാര്യം പോലും യജ്ഞം ഇതിനർത്ഥം പറയുമ്പോ ഒരു മഹാത്മാ അർത്ഥം പറഞ്ഞു ഓരോ മൂവ്മെന്റിലും യജ്ഞവുമുണ്ട് സ്വാർത്ഥതയുണ്ട് ഇപ്പൊ നമ്മൾ വീട്ടിൽ ആരെങ്കിലും വരുമ്പോ വരൂ വരൂ ഇരിക്കൂ എന്ന് പറയുമ്പോ ആ വാക്ക് ചിലപ്പോൾ സ്വാർത്ഥതയെന്ന് വരും ചിലപ്പോൾ നിസ്വാർത്ഥതയിൽ നിന്ന് വരും അതായത് അവര് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം ഞാൻ എത്ര നല്ലവനാണെന്ന് എന്ന് ഉള്ള ഒരു അഹങ്കാര സ്ഫൂർത്തി തന്നെ അത് ഭോഗമായി കഴിഞ്ഞു നമ്മൾ അതിനെ ഭുജിച്ചു കഴിഞ്ഞു നാച്ചുറലായിട്ട് വിത്ത് പ്രിയത്തോടുകൂടെ പ്രേമത്തോടുകൂടെ അവരുടെ ഹിതഭാവത്തോടുകൂടെ വരൂ ഇരിക്കുമെന്ന് പറയാ യജ്ഞമായി ചെറിയ കർമ്മം മുതൽ കൊണ്ട് യജ്ഞവുമുണ്ട് സ്വാർത്ഥതയുമുണ്ട് എവിടെ കാരുണ്യം ഉണ്ടോ എവിടെ പ്രിയം ഉണ്ടോ അവിടെ യജ്ഞം നാച്ചുറലാണ് എവിടെ സ്വാർത്ഥതയുണ്ടോ സുഖഭാവനയുണ്ടോ അവിടെ യജ്ഞം പറ്റില്ല അപ്പൊ യജ്ഞത്തിന്റെ ഹൃദയം തന്നെ പ്രേമമാണ് പ്രിയമാണ് പ്രിയം എവിടെ ഉണ്ടോ ഒരമ്മക്ക് കുഞ്ഞിനോട് പ്രിയമുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ചിലപ്പോ അമ്മയെ അമ്മ കുഞ്ഞിന് വേണ്ടതൊക്കെ ചെയ്യും കുഞ്ഞു അമ്മയെ ചീത്ത പറഞ്ഞാൽ അപ്പൊ അവിടെ എന്താ കുഞ്ഞിന്റെ ഹിതം മാത്രമേ ഉള്ളൂ തന്റെ ഹിതമേ ഇല്ല അതേ ഭാവം പ്രവൃത്തി മണ്ഡലത്തിൽ വരികയാണെങ്കിൽ പ്രവൃത്തികളൊക്കെ നാച്ചുറലായിട്ട് യജ്ഞമാവും അങ്ങനെയുള്ള യജ്ഞം ഒരിക്കലും ആരെയും ബന്ധിക്കില്ല അത് ദുഃഖമേ ആവില്ല ഒരു അമ്മയും കുട്ടി ഒരു അമ്മയെ നോക്കിയിട്ടില്ലെങ്കിലും വാർദ്ധക്യകാലത്ത് ഞാൻ അവന് വേണ്ടി പാല് കൊടുത്തു അവന് ഊണ് കൊടുത്തു അവനെ കുളിപ്പിച്ചു എന്നിട്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചുവല്ലോന്ന് ഒരമ്മയും പറയില്ല അങ്ങനെ എവിടെയോ ഇരിക്കട്ടെ സന്തോഷമായി എന്താന്ന് വെച്ചാൽ പ്രിയം ഉണ്ടായിരുന്നതുകൊണ്ട് എക്സ്പെക്ടേഷൻ വരണില്ല എക്സ്പെക്ടേഷൻ വരാൻ പാടില്ല ആ കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ ശരിയാവില്ല പ്രിയം ഉണ്ടാവും പ്രിയം ഉണ്ടെങ്കിൽ അതിൽ എക്സ്പെക്ടേഷൻ നാച്ചുറൽ ആയിട്ട് വരണില്ല പ്രതീക്ഷയെ വരണില്ല ആ കർമ്മം യജ്ഞമായിട്ട് മാറുന്നു അങ്ങനെയുള്ള യജ്ഞം ചെയ്യുന്ന കർമ്മമൊക്കെ ഉണ്ടല്ലോ അന്യത്ര കർമ്മണ കർമ്മബന്ധന നമ്മളൊക്കെ ബന്ധിതരാകും അതുകൊണ്ട് തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘ സമാചര യജ്ഞത്തിനായിക്കൊണ്ട് ഹേ കൗന്തേയ സംഘമില്ലാതെ മുക്തസംഗനായിട്ട് എന്ന് വെച്ചാലോ ഞാൻ ചെയ്യണോന്നുള്ള ഭാവവും പാടില്ല ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ളതുമില്ല ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം എന്ന ഭാവത്തോടെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് യജ്ഞമാവും അങ്ങനെയുള്ള യജ്ഞം നമ്മളെ സ്വതന്ത്രരാക്കൊണ്ടേയിരിക്കും ഓരോ കർമ്മം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ കൂടുതൽ നമ്മളുടെ ഉള്ളിൽ എനർജി റിലീസാവും നെഗറ്റീവ് ആയിട്ടുള്ളതൊക്കെ നമ്മളെ വിട്ടുപോകും ശാന്തി നിറഞ്ഞുകൊണ്ടേയിരിക്കും ഹൃദയ സരസില് ശാന്തി നിശ്ചലത അനുഭൂതി തീർത്ഥം ആനന്ദത്തിന്റെ അനുഭവം നിശ്ചലത കുളിർമ്മ ശീതളത അന്തശീതളത അകമയ്ക്ക് തളം കെട്ടി നിൽക്കും അനുഭൂതി നിറഞ്ഞുവരും ആ അനുഭവം സ്വാർത്ഥത പോവുന്തോറും വിട്ടുപോകുന്തോറും ഏറിയേറി ഏറി വരും അതിനാണ് യജ്ഞമായിട്ട് ജീവിതം തന്നെ യജിച്ചു നീക്കുക കർമ്മത്തിനെ യജിച്ചു നീക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മം നമ്മളെ വിട്ടു പോകണമെങ്കിൽ കർമ്മം ചെയ്യുന്നതുകൊണ്ടും പോവില്ല ചെയ്യാതിരിക്കുന്നതും കൊണ്ടും പോവില്ല കർമ്മത്തിനെ യജിച്ചു നീക്കണം എന്നാണ് യജ്ഞമാക്കി നീക്കണം എന്നാൽ അത് ധ്യാനത്തിൽ കലാശിക്കും യോഗത്തിൽ കലാശിക്കും സമാധിയിൽ കലാശിക്കും നമ്മൾ സമാധിയെ പരിശീലിക്കല്ല കർമ്മം യജിച്ചു കർമ്മം യജിച്ചു നീക്കിയ അധിഷ്ഠാനത്തിന്റെ പേരാണ് സമാധി കർമ്മം യജിച്ചു നീക്കിയ അധിഷ്ഠാനത്തിന്റെ പേരാണ് ആത്മാ കർമ്മം യജിച്ചു നീക്കിയ അധിഷ്ഠാനത്തിന്റെ പേരാണ് ബ്രഹ്മം ഭഗവാൻ ഭഗവത് സ്വരൂപം ആ യജനമാണ് ഇവിടെ പറയണത് മേൽക്കൊണ്ട് നാളെ കാണും